ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി അപ്പോൾ അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾക്കു മുന്നിൽ ആരാധനയിൽ മുഴുകിയിരുന്ന ഒരു ജനതയെ കണ്ടുമുട്ടി അവർ പറഞ്ഞു മൂസ അലഹിസ്സലാം അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അറിവില്ലാത്തൊരു ജനതയാണ്